വിശ്വാസികളെ നിങ്ങൾ നിശ്ചിത കാലാവധിയുള്ള ഒരു കട ഇടപാട് നടത്തുമ്പോൾ അതെഴുതി വയ്ക്കുക നിങ്ങളിലൊരാൾ നീതിയോടെ അത് എഴുതട്ടെ അള്ളാഹു സുബാനഹൂവ തായാലാ തന്നെ പഠിപ്പിച്ചുകൊടുത്തതുപോലെ എഴുതാൻ ഒരു എഴുത്തുകാരൻ വിസമ്മതിക്കരുത് അതിനാൽ അദ്ദേഹം എഴുതട്ടെ അവകാശപ്പെട്ട വ്യക്തി അത് വായിച്ചു കേൾപ്പിക്കട്ടെ അവൻ തന്റെ രക്ഷിതാവായ അള്ളാഹു സുബാനഹൂവ തായാലെ ഭയപ്പെടുകയും അതിൽ നിന്ന് യാതൊന്നും കുറക്കുകയും ചെയ്യരുത് അവകാശപ്പെട്ട വ്യക്തി ബുദ്ധിശൂന്യനോ ദുർബലനോ അല്ലെങ്കിൽ വായിച്ചു കേൾപ്പിക്കാൻ കഴിയാത്തവനോ ആണെങ്കിൽ അവന്റെ രക്ഷാകർത്താവ് നീതിയോടെ അത് വായിച്ചു കേൾപ്പിക്കട്ടെ നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് രണ്ട് സാക്ഷികളെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുക രണ്ടു പുരുഷന്മാർ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും മതി അവരിൽ ഒരാൾക്ക് തെറ്റുപറ്റിയാൽ മറ്റേയാൾ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണിത് സാക്ഷികൾ വിളിക്കപ്പെട്ടാൽ അവർ വിസമ്മതിക്കരുത് അത് ചെറുതായാലും വലുതായാലും അതിന്റെ കാലാവധി വരെ എഴുതിവെക്കുന്നതിൽ നിങ്ങൾ മടുക്കരുത് അള്ളാഹുസുബാനഹൂവത്ത ആലായുടെ അടുക്കൽ ഏറ്റവും നീതിയുക്തവും സാക്ഷ്യത്തിന് ഏറ്റവും ഉചിതവും നിങ്ങൾ സംശയിക്കാതിരിക്കാൻ ഏറ്റവും അനുയോജ്യമായതുമതാണ് എന്നാൽ നിങ്ങൾക്കിടയിൽ കൈമാറ്റം ചെയ്യുന്ന തൽക്ഷണ വ്യാപാരമാണെങ്കിൽ അത് എഴുതിവയ്ക്കാതിരുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ സാക്ഷ്യപ്പെടുത്തുക എഴുത്തുകാരനോ സാക്ഷിയോ ഉപദ്രവിക്കപ്പെടാതിരിക്കട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ധിക്കാരമാണ് നിങ്ങൾ അള്ളാഹുസുബാനഹൂവറ്റ ആലായെ ഭയപ്പെടുക അള്ളാഹുസുബാനഹൂവറ്റ ആല നിങ്ങളെ പഠിപ്പിക്കുന്നു الله سبحانه وتعالى يلا كارين على كرشم أريين لبنى قننه